ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ അള്ളാഹു എന്ന് പറയും നീ പറയുക അള്ളാഹു സുബഹാനഹൂവ ചാല അല്ലാത്തവരിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബഹാനഹുവ ചാല എനിക്കെന്തെങ്കിലും ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ അവർക്കത് നീക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവനെനിക്ക് കാരുണ്യം നൽകാൻ ഉദ്ദേശിച്ചാൽ അവർക്കത് തടയാൻ കഴിയുമോ നീ പറയുക എനിക്ക് അള്ളാഹുസുബഹാനഹൂവത്ത ആല മതി അവനിലാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത്